യൂണിറ്റ് ഫിഫ്റ്റിൻ ലെസൺ ഫിഫ്റ്റിഎറ്റ് അത്തപ്പൂ വിട്ടത് നന്നായോ മാത്തൂറോ വരൂ വരൂ ഞങ്ങൾ ഇതുവരെ മാത്തൂറിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഇത്ര താമസിച്ചത് എനിക്ക് ബസ് കിട്ടാൻ അല്പം വൈകി ഇന്നലെ കടപ്പുറം വരെ നടന്നു പോയതിന്റെ ക്ഷീണം ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ഇന്ന് നടക്കാൻ തോന്നിയില്ല ഞാൻ വളരെ താമസിച്ചോ ക്ഷമിക്കൂത്തൂത്തൂറ്റിൽ എങ്ങനെയാണ് പറയുന്നത് സാർ ദാ വാതിലിന് മുൻപിൽ മുറ്റത്ത് ഞാൻ പൂ അലങ്കരിച്ചിട്ടത് കണ്ടില്ലേ അതാണ് അത്തപ്പൂ കടന്നാണല്ലോ സാർ അകത്തേക്ക് എന്തോ ഞാനത് ഗവനിച്ചില്ല വെയിലത്തെ കണ്ണ് ശരിക്ക് തുറന്നു നോക്കാതെയാണ് വന്നത് ശരി രമിണി വരൂ നമുക്ക് അതൊന്ന് പോയി കണ്ടുകള ചേട്ടനും വരൂ ഇതാ ശരിക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കൂ ഇതാണ് ഞാൻ ഇട്ട പൂക്കളം എന്താ കൊള്ളാമോ മിടുക്കി തമാശയും കലാവിരുദുമൊക്കെ ഉണ്ടല്ലോ വളരെ നന്നായിരിക്കുന്നു പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ഒന്നുണ്ട് എന്താണത് എന്തിനാണ് ഇങ്ങനെ പൂക്കളൊക്കെ പറഞ്ഞു മുറ്റത്തിട്ട് അലങ്കരിക്കുന്നത് ഇത് ചിങ്ങമാസമാണല്ലോ ഞങ്ങൾക്കിത് ഓണക്കാലമാണ് തിരുവോണ ദിവസം നാട് കാണാൻ വരുന്ന മാവേലിത്തമ്പുരാനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അത്തപ്പൂ ഇടുന്നത് അല്ലേ ചേട്ടാ അതെ ആരാണ് ശങ്കര ഈ മാവേലിത്തമ്പുരാൻ കേരളത്തിലെ ഓണാഘോഷത്തെ പറ്റി നമ്മൾ ഭോപ്പാലിൽ വെച്ച് ഫിലിംസ് ഡിവിഷന്റെ ഒരു ഡോക്യുമെന്ററി ചിത്രം കണ്ടില്ലേ ആ ആഘോഷത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യത്തെ പറ്റി അന്ന് ഞാൻ മാത്തൂറിന് പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ ശരിയാ മഹാബലി ചക്രവർത്തിയെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത് ഉദാഹരണമായ ആ ചക്രവർത്തിയെ വാമനന്റെ രൂപത്തിൽ വന്ന മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയല്ലേ അത് അതെ അതെ ആ ബലിയെ തന്നെയാണ് ഞങ്ങൾ മാവേലി തമ്പുരാൻ എന്ന് അപ്പോൾ ഈ ചിങ്ങമാസം മുഴുവനും ഇങ്ങനെ പൂക്കളം ഉണ്ടാക്കണോ ഇല്ല ചിലർ ചിങ്ങമാസം മുഴുവനും ഇടും സാധാരണയായി പത്തു ദിവസം ഇട്ടാൽ മതി തിരുവോണത്തിന് പത്തു ദിവസം മുമ്പാണ് ഇട്ടു തുടങ്ങേണ്ടത് ഞങ്ങൾ പത്തു ദിവസവും ഇങ്ങനെ മുറ്റം അലങ്കരിക്കും അത്തം തൊട്ട് തുടങ്ങുന്നതുകൊണ്ടാണ് ഇതിനെ അത്തപ്പൂവെന്ന് വിളിക്കുന്നത് ശങ്കര അന്നത്തെ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ ഈ പൂക്കളത്തിന് ചുറ്റും മുണ്ടും നേരിയതും എടുത്ത് രമണിയും ഇന്ന് നൃത്തം ചെയ്യുമോ അയ്യോ തിരുവാതിരക്കളിന്നും എനിക്കറിയാൻ വയ്യ ആ നൃത്തത്തിന് തിരുവാതിരക്കളി പറയേണ്ടത് അതെ മാത്തൂറിനെ ഞങ്ങളുടെ പഴയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും നാടൻകലകളും കളികളും ഒക്കെ നേരിട്ട് കാണണമെങ്കിൽ നാട്ടിൻ പുറങ്ങളിലേക്ക് പോകണം ഈ പട്ടണത്തിൽ അതിനൊന്നും അവസരം കിട്ടില്ല നോക്കട്ടെ ഞാനൊരു മാർഗം കണ്ടുപിടിക്കാം മാത്തൂറോ വരു വരു മാത്തൂറോ വരൂ വരു ഞങ്ങൾ ഇതുവരെ മാത്തൂറിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇതുവരെ മാത്തൂറിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഇത്ര താമസിച്ചത് എന്താ ഇത്ര താമസിച്ചത് എനിക്ക് ബസ് കിട്ടാൻ അല്പം വൈകി എനിക്ക് ബസ് കിട്ടാൻ അല്പം വൈകി ഇന്നലെ കടപ്പുറം വരെ നടന്നു പോയതിന്റെ ക്ഷീണം ഇപ്പോഴുമുണ്ട് ഇന്നലെ കടപ്പുറം വരെ നടന്നുപോയതിന്റെ ക്ഷീണം ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ഇന്ന് നടക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഇന്ന് നടക്കാൻ തോന്നിയില്ല ഞാൻ വളരെ താമസിച്ചോ ഞാൻ വളരെ താമസിച്ചോ ക്ഷമിക്കൂ ക്ഷമിക്കൂ സാരമില്ല സാരമില്ല നമ്മൾ തമ്മിൽ അത്ര ലോഹ്യമൊന്നും വേണ്ട മാതു നമ്മൾ തമ്മിൽ അത്ര ലോഹ്യമൊന്നും വേണ്ട മാധു മാധുർ സാർ ഞാൻ അത്തപ്പൂ ഇട്ടത് നന്നായോ മാധുർ സാർ ഞാൻ അത്തപ്പൂ ഇട്ടത് നന്നായോ അത്തപ്പോ എന്താണത് അത്തപ്പൂവോ എന്താണത് കാണാത്തതിനെ പറ്റി എങ്ങനെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത് കാണാത്തതിനെ പറ്റി എങ്ങനെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത് മുറ്റത്ത് ഞാൻ ഭൂകണ്ട് അലങ്കരിച്ചിട്ടത് കണ്ടില്ലേ സാർ ദാ വാതിലിന് മുൻപിൽ മുറ്റത്ത് ഞാൻ ഭൂഖണ്ഡ അലങ്കരിച്ചിട്ടത് കണ്ടില്ലേ അതാണ് അത്തപ്പൂ അതാണ് അത്തപ്പൂ അത് കടന്നാണല്ലോ സാർ അകത്തേക്ക് കയറിയത് അത് കടന്നാണല്ലോ സാർ അകത്തേക്ക് കയറിയത് എന്തോ ഞാനത് ഗവനിച്ചില്ല എന്തോ ഞാനത് ഗവനിച്ചില്ല വെയിലത്ത് കണ്ണ് ശരിക്കു തുറന്നു നോക്കാതെയാണ് വന്നത് വെയിലത്ത് കണ്ണ് ശരിക്കു തുറന്നു നോക്കാതെയാണ് വന്നത് ശരി രമണി വരൂ ശരി രമണി വരൂ നമുക്ക് അതൊന്നു പോയി കണ്ടു കളയാൻ നമുക്ക് അതൊന്നു പോയി കണ്ടു കളയാൻ ചേട്ടനും വരൂ ഇതാ ശരിക്കൊന്ന് കണ്ണു തുറന്ന് നോക്കൂ ഇതാ ശരിക്കൊന്ന് കണ്ണു തുറന്ന് നോക്കൂ ഇതാണ് ഞാനിട്ട പൂക്കളം ഇതാണ് ഞാനിട്ട പൂക്കളം എന്താ കൊള്ളാമോ എന്താ കൊള്ളാമോടുക്കി മിടുക്കി തമാശയും കലാവിരുദുമൊക്കെ ഉണ്ടല്ലോ തമാശയും കലാവിരുദമൊക്കെ ഉണ്ടല്ലോ വളരെ നന്നായിരിക്കുന്നു വളരെ നന്നായിരിക്കുന്നു പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഒന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഒന്നുണ്ട് എന്താണത് എന്താണത് എന്തിനാണ് ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ച് മുറ്റത്തിട്ട് അലങ്കരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ച് മുറ്റത്തിട്ട് ഇത് ചിങ്ങമാസമാണല്ലോ ഇത് ചിങ്ങമാസമാണല്ലോ ഞങ്ങൾക്കിത് ഓണക്കാലമാണ് ഞങ്ങൾക്കിത് ഓണക്കാലമാണ് തിരുവോണ ദിവസം നാട് കാണാൻ വരുന്ന മാവേലി തമ്പുരാനെ തിരുവോണ ദിവസം നാട് കാണാൻ വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അത്തപ്പൂ വിടുന്നത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അത്തപ്പൂ വിടുന്നത് അല്ലേ ചേട്ടാ അല്ലേ ചേട്ടാ അതെ അതെ ആരാണ് ശങ്കര ഈ മാവേലി തമ്പുരാൻ ആരാണ് ശങ്കര ഈ മാവേലി തമ്പുരാൻ കേരളത്തിലെ ഓണാഘോഷത്തെ പറ്റി നമ്മൾ ഭോപ്പാലിൽ വെച്ച് കേരളത്തിലെ ഓണാഘോഷത്തെ പറ്റി നമ്മൾ ഭോപ്പാലിൽ വെച്ച് ഫിലിംസ് ഡിവിഷന്റെ ഒരു ഡോക്യുമെന്ററി ചിത്രം കണ്ടില്ലേ ഫിലിംസ് ഡിവിഷന്റെ ഒരു ഡോക്യുമെന്ററി ചിത്രം കണ്ടില്ലേ ആ ആഘോഷത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യത്തെ പറ്റി ആ ആഘോഷത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യത്തെ പറ്റി അങ്ങ് ഞാൻ മാത്തൂറിന് പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ ഞാൻ മാത്തൂറിന് പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ ശരിയാ മാവേലി ചക്രവർത്തിയെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് മാവേലി ചക്രവർത്തിയെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത് மலையாளண்டாடன உதாரண உதாரணாய ஆ சக்கரவர்த்தியே வாமன்கூபத்தில் வந்த மஹாவிஷ்ணு വാമനന്റെ രൂപത്തിൽ വന്ന മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയല്ലേ അത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥയല്ലേ അത് അതെ അതെ അതെ അതെ ആ ബലിയെ തന്നെയാണ് ഞങ്ങൾ ആ ബലിയെ തന്നെയാണ് ഞങ്ങൾ മാവേലി തമ്പുരാൻ എന്ന് വിളിക്കുന്നത് മാവേലി തമ്പുരാൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ചിങ്ങമാസം മുഴുവനും ഇങ്ങനെ പൂക്കളം ഉണ്ടാക്കണം അപ്പോൾ ഈ ചിങ്ങമാസം മുഴുവനും ഇങ്ങനെ പൂക്കളമുണ്ടാക്കണം ഇല്ല ഇല്ല ചിലർ ചിങ്ങമാസം മുഴുവനും ഇടും ചിലർ ചിങ്ങമാസം മുഴുവനും ഇടും സാധാരണയായി പത്ത് ദിവസം ഇട്ടാൽ മതി ണയായി പത്തു ദിവസം ഇട്ടാൽ മതി തിരുവോണത്തിന് പത്ത് ദിവസം മുമ്പാണ് ഇട്ടു തുടങ്ങേണ്ടത് തിരുവോണത്തിന് പത്ത് ദിവസം മുമ്പാണ് ഇട്ടു തുടങ്ങേണ്ടത് ഞങ്ങൾ പത്തു ദിവസവും ഇങ്ങനെ മുറ്റം അലങ്കരിക്കും ഞങ്ങൾ പത്ത് ദിവസവും ഇങ്ങനെ മുറ്റം അലങ്കരിക്കും അത്തം തൊട്ട് തുടങ്ങുന്നത് കൊണ്ടാണ് ഇതിനെ അത്തപ്പൂവെന്ന് വിളിക്കുന്നത് അത്തം തൊട്ട് തുടങ്ങുന്നത് കൊണ്ടാണ് ഇതിനെ അത്തപ്പൂവെന്ന് വിളിക്കുന്നത് ശങ്കരാ ശങ്കര അന്നത്തെ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ ഈ പൂക്കളത്തിനു ചുറ്റും മുണ്ടും നേരിയതുമുടുത്ത് രമണിയും ഇന്ന് നൃത്തം ചെയ്യുമോ പൂക്കളത്തിനു ചുറ്റും മുണ്ടും നേരിയതും കൊടുത്ത് രമണിയും ഇന്ന് നൃത്തം ചെയ്യുമോ അയ്യോ തിരുവാതിര കളിയെന്ന് എനിക്കറിയാൻ വയ്യ അയ്യോ തിരുവാതിര എനിക്കറിയാൻ വയ്യ ആ നൃത്തത്തിന് തിരുവാതിരക്കളി പറയേണ്ടത് ആ നൃത്തത്തിന് തിരുവാതിരക്കളി എന്നാണോ പറയേണ്ടത് അതെ അതെ മാത്തൂറിന് ഞങ്ങളുടെ പഴയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും മാത്തൂറിന് ഞങ്ങളുടെ പഴയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ളും കളികളുമൊക്കെ നേരിട്ട് കാണണമെങ്കിൽ നാടൻകലകളും കളികളുമൊക്കെ നേരിട്ട് കാണണമെങ്കിൽ നാട്ടിൻ പോകണം ാട്ടിൻ പുറങ്ങളിലേക്ക് പോകണം ഈ പട്ടണത്തിൽ അതിനൊന്നും അവസരം കിട്ടില്ല ഈ പട്ടണത്തിൽ അതിനൊന്നും അവസരം കിട്ടില്ല നോക്കട്ടെ ഞാനൊരു മാർഗം കണ്ടുപിടിക്കാം ോക്കട്ടെ ഞാനൊരു മാർഗം കണ്ടുപിടിക്കാം ഡ്രിൽ ഡ്രിൽ നിന്നെ പറ്റിയാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് നിന്നെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ താമസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നോ ഞാൻ താമസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു ഓണം ആഘോഷിക്കുന്നതിന്റെ പിന്നിൽ കഥയൊന്നുമില്ലേ ഘോഷിക്കുന്നതിന്റെ പിന്നിൽ കഥയൊന്നുമില്ലേ ഇത്ര നന്നായി വീടൊക്കെ അലങ്കരിക്കുന്നത് ആരാണ് ഇത്ര നന്നായി വീടൊക്കെ അലങ്കരിക്കുന്നത് അവർ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അവർ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഞാൻ പറയാത്തത് നീ എങ്ങനെ കേട്ടു ഞാൻ പറയാത്തത് നീ എങ്ങനെ കേട്ടു അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തത് എന്റെ കുറ്റമൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തത് എന്റെ കുറ്റമൊന്നുമല്ലോ അവർ വരാത്തത് കൊണ്ട് ഞാനും പോയില്ല അവർ വരാത്തത് ഞാനും പോയില്ല നീ ജയിക്കാത്തതിന് ടീച്ചറിനെ എന്തിനു ശപിക്കുന്നു നീ ജയിക്കാത്തതിന് ടീച്ചറിനെ എന്തിനു ശപിക്കുന്നു എനിക്കറിഞ്ഞുകൂടാത്തത് നിനക്കറിയാമെങ്കിൽ പറ എനിക്ക് അറിഞ്ഞുകൂടാത്തത് നിനക്കറിയാമെങ്കിൽ പറഞ്ഞത് കഷ്ടപ്പെടുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ് നന്മയ്ക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അച്ഛനമ്മമാർ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് നോ ഫോളോ ദോഡൽ മനസിലാക്കാത്തത് കുട്ടികൾ കുട്ടികൾ മനസ്സിലാക്കാത്തത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ മനസ്സിലാക്കാത്തത് നന്നായി നന്നായി പഠിപ്പിക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ മനസ്സിലാക്കാത്തത് യോജിക്കുന്നു ഞാനും ഞാനും യോജിക്കുന്നു പറയുന്നതിനോട് പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു നിങ്ങൾ നിങ്ങൾ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു കാരണം നിനക്കറിയാമോ പാടാത്തതിന്റെ പാടാത്തതിന്റെ കാരണം നിനക്കറിയാമോ പാട്ട് പാടാത്തതിന്റെ കാരണം നിനക്കറിയാമോ ലത ലത പാടാത്തതിന്റെ കാരണം നിനക്കറിയാമോ ിൽ ഇന്നത്തെ മീറ്റിംഗിൽ ലത പാട്ട് പാടാത്തതിന്റെ കാരണം നിനക്കറിയാമോ തുടങ്ങേണ്ടത് ഇട്ട് പൂക്കളം ഇട്ട് തുടങ്ങേണ്ടത് മുതലാണ് അത്തം നാൾ മുതലാണ് പൂക്കളം ഇട്ടു തുടങ്ങേണ്ടത് ചിങ്ങമാസത്തിൽ ചിങ്ങമാസത്തിൽ അത്തന്നാൾ മുതലാണ് പൂക്കളം ഇട്ടു തുടങ്ങേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ നീ വരുന്നത് ഞാൻ കണ്ടു പോകുന്നത് നീ പോകുന്നത് ഞാൻ കണ്ടു എഴുതുന്നത് നീ എഴുതുന്നത് ഞാൻ കണ്ടു വായിക്കുന്നത് നീ വായിക്കുന്നത് ഞാൻ കണ്ടു പഠിക്കുന്നത് ഞാൻ കണ്ടു ചിരിക്കുന്നത് നീ ചിരിക്കുന്നത് ഞാൻ കണ്ടു നീ യുന്നത് ഞാൻ കണ്ടു രാഷ്ട്രീയക്കാർ പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല തരുന്നതിൽ രാഷ്ട്രീയക്കാർ തരുന്നതിൽ എനിക്ക് വിശ്വാസമില്ല തിൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്നതിൽ എനിക്ക് വിശ്വാസമില്ല രാഷ്ട്രീയക്കാർ കൊടുക്കുന്നതിൽ എനിക്ക് വിശ്വാസമില്ല രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നതിൽ എനിക്ക് വിശ്വാസമില്ല പ്രസംഗിക്കുന്നതിൽ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നതിൽ എനിക്ക് വിശ്വാസമില്ല നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എഴുതിയത് ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് നീ ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ എഴുതിയത് വഴക്ക് പറഞ്ഞത് നീ വഴക്കു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എഴുതിയത് നിർബന്ധിച്ചത് കൊണ്ടാണ് നീ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ എഴുതിയത് അപേക്ഷിച്ചത് നീ അപേക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ എഴുതിയത് ശല്യപ്പെടുത്തിയത് കൊണ്ടാണ് നീ ശല്യപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ എഴുതിയത് നീ പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല വിശ്വസിക്കുന്നതിൽ നീ വിശ്വസിക്കുന്നതിൽ എനിക്ക് വിശ്വാസമില്ല കാണുന്നതിൽ നീ കാണുന്നതിൽ എനിക്ക് വിശ്വാസമില്ല കേൾക്കുന്നതിൽ നീ കേൾക്കുന്നതിൽ എനിക്ക് വിശ്വാസമില്ല എഴുതുന്നതിൽ നീ എഴുതുന്നതിൽ എനിക്ക് വിശ്വാസമില്ല പോകുന്നതിൽ നീ പോകുന്നതിൽ എനിക്ക് വിശ്വാസമില്ല അവൾ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ എഴുതിയതിനോട് അവൾ എഴുതിയതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ വായിച്ചതിനോട് അവൾ വായിച്ചതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ കണ്ടതിനോട് അവൾ കണ്ടതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ സംസാരിച്ചതിനോട് അവൾ സംസാരിച്ചതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ കേട്ടതിനോട് അവൾ കേട്ടതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ അവൻ ഇത്ര എഴുതിയതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല അവൻ ഇത്ര പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല അവൻ ഇത്ര ചോദിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല സംസാരിച്ചതിന്റെ അവൻ ഇത്ര സംസാരിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല നിർബന്ധിച്ചതിന്റെ അവൻ ഇത്ര നിർബന്ധിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസിലായില്ല പ്രസംഗിച്ചതിന്റെ അവൻ ഇത്ര പ്രസംഗിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം ഹോട്ടലിലാണ് താമസിക്കുന്നത് അദ്ദേഹമാണ് ഹോട്ടലിൽ താമസിക്കുന്നത് നൗ ഫോളോ ദോഡൽ രാധ ഹിന്ദിയിൽ സംസാരിക്കുന്നു രാധ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് രാധയാണ് ഹിന്ദിയിൽ സംസാരിക്കുന്നത് മോഹനൻ കഥ എഴുതുന്നു മോഹനൻ കഥയാണ് എഴുതുന്നത് മോഹനാണ് കഥ എഴുതുന്നത് ബേബി കുഞ്ഞിനെ കളിപ്പിക്കുന്നു േബി കുഞ്ഞിനെയാണ് കളിപ്പിക്കുന്നത് ബേബിയാണ് കുഞ്ഞിനെ കളിപ്പിക്കുന്നത് അവർ വലിയ വീട് വയ്ക്കുന്നു അവർ വലിയ വീടാണ് വയ്ക്കുന്നത് അവരാണ് വലിയ വീട് വയ്ക്കുന്നത് മോഡൽ ടു അവരൊക്കെ നുണ പറഞ്ഞു അവരൊക്കെയാണ് നുണ പറഞ്ഞത് അവരൊക്കെ നുണയാണ് പറഞ്ഞത് നൗ ഫോളോ ദോഡൽ കമല വളരെ വിഷമിച്ചു കമലയാണ് വളരെ വിഷമിച്ചത് ചേച്ചി മീനും ഇറച്ചിയും വറുത്തു ചേച്ചിയാണ് മീനും ഇരച്ചിയും വറുത്തത് ചേച്ചി മീനും ഇറച്ചിയുമാണ് വറുത്തത് കമലയുടെ ആട് ഇന്നലെ പെറ്റു കമലയുടെ ഇന്നലെ പെറ്റത് കമലയുടെ ആട് ഇന്നലെയാണ് പെറ്റത് മോൻ കപ്പിയും കയറും കിണറ്റിൽ വീഴ്ത്തി മോനാണ് കപ്പയും കയറും കിണറ്റിൽ വീഴ്ത്തിയത് മോൻ കപ്പയും കയറും കിണറ്റിലാണ് വീഴ്ത്തിയത് മോഡൽ ത്രീ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി നാട്ടിൽ പോകുന്നു ഓണം ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ പോകുന്നു നൗ ഫോളോ ദോഡൽ ജീവിക്കുന്നതിന് വേണ്ടി പിന്നുന്നു ജീവിക്കാൻ വേണ്ടി തിന്നുന്നു ജോലി ചെയ്യുന്നതിന് വേണ്ടി ജീവിക്കുന്നു ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നു കഷ്ടപ്പെടുന്നതിന് വേണ്ടി വന്നു കഷ്ടപ്പെടാൻ വേണ്ടി വന്നു ണുന്നതിന് വേണ്ടി സിറ്റിയിൽ പോകുന്നു സിനിമ കാണാൻ വേണ്ടി സിറ്റിയിൽ പോകുന്നു ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ അവനാണ് പറഞ്ഞത് അവനല്ല പറഞ്ഞത് നൗ ഫോളോ ദോഡൽ കുട്ടിയാണ് കരഞ്ഞത് കുട്ടിയല്ല കരഞ്ഞത് പലഹാരമാണ് തിന്നത് പലഹാരമല്ല തിന്നത് ഞാനാണ് കൂലിപ്പണി ചെയ്തത് ഞാനല്ല കൂലിപ്പണി ചെയ്തത് അച്ഛനാണ് വിളിക്കുന്നത് അച്ഛനല്ല വിളിക്കുന്നത് സമ്മാനമാണ് വാങ്ങിയത് സമ്മാനമല്ല വാങ്ങിയത് മോഡൽ ടു ആരാണ് തോൽക്കുന്നത് ആരാണ് തോൽക്കാത്തത് നൗ ഫോളോ ദ മോഡലും നീ എന്താണ് പറയുന്നത് ആ പിശുക്കൻ എന്തിനാണ് മടിക്കുന്നത് ആ പിശുക്കൻ എന്തിനാണ് മടിക്കാത്തത് അവരെയാണ് ഓർമ്മിക്കേണ്ടത് അവരെയാണ് ഓർമ്മിക്കണ്ടാത്തത് മൂത്തവരോടാണ് ചോദിക്കുന്നത് മൂത്തവരോടാണ് ചോദിക്കാത്തത് ടാക്സിയിലാണ് വന്നത് ാണ് വരാത്തത് നാരങ്ങ നീരാണ് കുടിക്കാത്തത് കോമ്പിനേഷൻ ഡ്രിൽ മോഡൽ വൺ രാധ നാട്ടിലെത്തി നീ അതറിഞ്ഞോ രാധ നാട്ടിലെത്തിയത് നീ അറിഞ്ഞോ മോഡൽ മോൻ വെള്ളത്തിൽ കളിക്കുന്നു അമ്മ അത് കണ്ടില്ല മോൻ വെള്ളത്തിൽ കളിക്കുന്നത് അമ്മ കണ്ടില്ല അച്ഛൻ വാസുവിനെ വിളിച്ചു അത് അവൻ കേട്ടില്ലേ അച്ഛൻ വാസുവിനെ വിളിച്ചത് അവൻ കേട്ടില്ലേ അവർ ഉത്സവം ആഘോഷിക്കുന്നു അതിന് നമുക്ക് വേണം അവർ ഉത്സവം ആഘോഷിക്കുന്നതിന് നമുക്ക് വേണം ഞാൻ പൂക്കളം ഇട്ടു നിങ്ങൾ അത് കാണണം ഞാൻ പൂക്കളം ഇട്ടത് നിങ്ങൾ കാണണം അവർ ചോദിക്കുന്നു അതിനെപ്പറ്റിയൊന്നും നീ അന്വേഷിക്കേണ്ട അവർ ചോദിക്കുന്നതിനെ പറ്റിയൊന്നും നീ അന്വേഷിക്കണ്ട രാധ വേഗം ഓടിപ്പോയി ഞാൻ അത് മനസ്സിലാക്കി രാധ വേഗം ഓടിപ്പോയത് ഞാൻ മനസ്സിലാക്കി കുഞ്ഞ് ചോദിക്കുന്നു അത് അമ്മ കൊടുക്കുന്നു കുഞ്ഞു ചോദിക്കുന്നത് അമ്മ കൊടുക്കുന്നു അവർ പറയുന്നു ഞാൻ അത് കേൾക്കുന്നു അവർ പറയുന്നത് ഞാൻ കേൾക്കുന്നു കുട്ടികൾ എഴുതുന്നു ടീച്ചർ അത് തിരുത്തുന്നു കുട്ടികൾ എഴുതുന്നത് ടീച്ചർ തിരുത്തുന്നു അച്ഛൻ പോകുന്നു മകൻ അത് കാണുന്നു അച്ഛൻ പോകുന്നത് മകൻ കാണുന്നു